െ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ തിരുവായൂർ മുഴിഞ്ഞ് ഒരു വചനം നമുക്ക് വായിക്കാം യോഹനാൻ്റെ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി വചനം ഇങ്ങനെയാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും ഇവിടെ കർത്താവ് പറയുന്നു നമ്മൾ സ്വാതന്ത്ര്മാരാകണമെങ്കിൽ നമ്മൾ സത്യമറിയണം സത്യമറിഞ്ഞാൽ ആ സത്യം നമ്മളെ സ്വാതന്ത്ര്യരാക്കും നമ്മൾ വിശ്വസിക്കുന്ന പല സത്യങ്ങളുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഒരു അടുക്കായിട്ട് നമുക്ക് വലിയ അതിനെക്കുറിച്ച് ആഴമായ അറിവൊന്നുമല്ലെങ്കിലും അതിനെക്കുറിച്ച് വേണ്ട അത്യാവശ്യം വേണ്ട ചില വിവരങ്ങൾ ആ സത്യത്തെക്കുറിച്ചുള്ളത് നമ്മുടെ മനസ്സിലൊരു ബോധ്യമായിട്ട് നിന്നാൽ നമ്മൾ വഴിതെറ്റിപ്പോവുകയില്ല ഇവിടെ കർത്താവ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അറിയണം രണ്ട് സ്വതന്ത്രരാക്കും നമ്മളപ്പോഴേ നമ്മളീ വിശ്വസിക്കുന്ന സത്യങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം അതിനെക്കുറിച്ച് നമ്മൾ അറിയണം അങ്ങനെയുള്ള അറിവാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റ് ചില ഈ കാലഘട്ടത്തിലൊക്കെ പല വിധത്തിലൊക്കെയുള്ള ചിന്തകളും പഠിപ്പിക്കലുകളും ഒക്കെ വന്ന് ചെറുപ്പക്കാരെയുമൊക്കെ സത്യത്തിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങളെ മുറുകെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇന്നുമുതൽ ഈ നിലയിൽ നമ്മൾ ചിന്തിക്കുന്ന അടിസ്ഥാന സത്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു അറിവ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പൊതുവായ നിലയിലും നമ്മളെ സംശീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളെ വിശ്വസിക്കുന്ന സത്യങ്ങളെല്ലാം നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് കർത്താവിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത് എന്ന് നമ്മൾ പറയുമെങ്കിലും കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കോൺക്രീറ്റായിട്ട് നമ്മളതിനെ കണ്ടാൽ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള ഈ ബൈബിളിൽ നിന്നാണ് നമുക്ക് ഈ സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഈ ബൈബിളിലെ ഈ അറുപത്താറ് പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അത് വളരെ അടിസ്ഥാനപരമാണ് അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം അറിവുണ്ടായില്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു നീതിമാൻ എന്ത് ചെയ്യും എന്ന് നമ്മൾ വായിക്കുന്നത് ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ ഒരു അറിവില്ലെങ്കിൽ ബൈബിളിനെ ബൈബിൾ എന്താണ് നമുക്കത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ദൈവജനത്തില് എന്താണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ചരിത്രത്തിലൂടെ നമുക്ക് എങ്ങനെ കൈമാറിക്കെട്ടി അതിനെ കളങ്കപ്പെടുത്താനായിട്ട് പിശാച ചെയ്ത ശ്രമങ്ങൾ അതിനെ അതിജീവിച്ച് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചില അറിവുകൾ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവർ ബൈബിൾ എന്ന വാക്ക് നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താനായിട്ട് കഴിയില്ല അത് ഒരു ഗ്രീക്ക് വാക്കാണ് ബിബ്ളിയ പുസ്തകങ്ങൾ എന്നർത്ഥത്തിലുള്ള ഗ്രീക്ക് വാക്ക് ബിബ്ലിയായിൽ നിന്നാണ് ബൈബിൾ എന്നുള്ള ആ പ്രയോഗം വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുക ദാനിയലിൻ്റെ പുസ്തകം ഒൻപതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ ഞാനൊരു കാലക്കണക്ക് പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു പുസ്തകങ്ങളിൽ നിന്ന് ബുക്സ് ഒന്നാണ് ബിബ്ലിയ എന്നുള്ളതിൻ്റെ അർത്ഥം അത് പിന്നീട് പല നാളുകൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ ബൈബിൾ എന്ന് പറഞ്ഞാൽ അത് ബുക്ക് ദ ബുക്ക് എന്നുള്ള നിലയിൽ ആയിത്തീർന്നു ബുക്കെന്ന് പറഞ്ഞാൽ പുസ്തകമെന്ന് പറഞ്ഞാൽ അത് ബൈബിളാണ് പണ്ട് ഒരു ദൈവദാസനെ ഞാൻ കേട്ടിട്ടുണ്ട് താൻ മരണക്കിടക്കയിലായിരുന്നപ്പോഴേ തന്നെ തൻ്റെ മകനോട് പറഞ്ഞു പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ ഉണ്ടല്ലോ ഏതാണ് എടുത്തുകൊണ്ട് വരേണ്ടത് അപ്പോൾ ദൈവഭക്തനായ പിതാവ് പറഞ്ഞു പുസ്തകം ദ ബുക്ക് ബുക്ക് അതായത് അതാണ് ബൈബിള് ബൈബിളാണ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് എന്ന് തന്നെ പറയുകയുണ്ടായി അപ്പം നമ്മൾ ഈ ബൈബിളിന് പുസ്തകങ്ങൾ എന്ന് ദാനിയയിൽ ഒൻപത് രണ്ടിൽ കാണുന്നത് അവിടെ ആ നിലയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നു ഏകദേശം ഒരു പതിമൂന്നാമത്തെ നൂറ്റാണ്ടായപ്പോഴാണ് ദ ബുക്ക് എന്നുള്ള നിലയിൽ ബൈബിളിനെ ഏകവചനമായിട്ട് ഇംഗ്ലീഷിൽ വ്യവഹരിക്കാനായിട്ട് തുടങ്ങിയത് നമ്മളെ പറഞ്ഞു നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ബൈബിൾ എന്നൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ പുസ്തകങ്ങളിൽ എന്നൊരു പ്രയോഗം ദാനിയയിൽ ഒൻപത് രണ്ടിലുണ്ട് എന്നാൽ തിരുവെഴുത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് മർക്കൂസിൻ്റെ സുശേഷം പതിനഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് യോഹനാൻ ഏഴിൻ്റെ മുപ്പത്തെട്ട് രണ്ട് തീമത്തിയോസ് മൂന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിലൊക്കെ തിരുവെഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് തിരുവെഴുത്തുകൾ എന്ന് മറ്റൊരിടത്ത് ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തേഴ് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ യോഹനാൻ അഞ്ചിൻ്റെ മുപ്പത്തൊൻപത് അപ്പോസ്തല പ്രവൃത്തി പതിനേഴിൻ്റെ പതിനൊന്ന് അവിടെയൊക്കെ തിരുവെഴുത്തുകൾ എന്നാണ് ഇതിനെ വ്യവഹരിച്ചിരിക്കുന്നത് നമ്മൾ റോമർ കെഴുതി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ട് തീമത്തിയോസ് മൂന്നിൻ്റെ പതിനഞ്ചിലും നമ്മളങ്ങനെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവർ അപ്പോഴേ തിരുവഴുത്ത് തിരുവഴുത്തുകൾ വിശുദ്ധ തിരുവഴുത്തുകൾ വാഗ്ദത്തങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ ഒന്ന് റഫറൻസ് സമയത്തിൻ്റെ ദൗർലഭ്യനിമിത്തം എടുത്ത് പറയുന്നില്ല ജീവനുള്ള അരുളപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ട് യഹോവയുടെ പുസ്തകം എന്ന് ബൈബിളിനെ പറഞ്ഞിട്ടുണ്ട് ദൈവകൽപ്പന ദൈവ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ വചനം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജീവന്റെ വചനം എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യഗ്രന്ഥം സത്യവചനം പുതിയ നിയമം പഴയ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ബൈബിളിൻ്റെ പല പേരുകൾ നമുക്ക് തിരുവ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും പറഞ്ഞു വന്നത് തിരുവെഴുത്ത് തിരുവെഴുത്തുകൾ വിശുദ്ധ തിരുവെഴുത്തുകൾ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജീവനുള്ള അരുളപ്പാട് യഹോവിയുടെ പുസ്തകം ദൈവകൽപ്പന ദൈവവചനം ക്രിസ്തുവിൻ്റെ വചനം ജീവൻ്റെ വചനം സത്യഗ്രന്ഥം സത്യവചനം എന്നിങ്ങനെയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ബൈബിള് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിട്ട് രണ്ടായിട്ട് അതിനെ വിഭജിച്ചിട്ടുണ്ട് പഴയ നിയമം എന്നും പുതിയ നിയമമെന്നും പഴയ നിയമം ഹീബ്രു ഭാഷയിലും അരാമിക്കിലുമാണ് എഴുതിയത് എന്നാൽ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത് മൊത്തം അറുപത്തിയാറ് പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലെ മുപ്പത്തൊൻപത് പുസ്തകങ്ങൾ പുതിയ നിയമത്തിലെ ഇരുപത്തേഴ് പുസ്തകങ്ങൾ പഴയ നിയമത്തിലുള്ള ആ നിലയിലുള്ള മുപ്പത്തൊൻപത് പുസ്തകങ്ങളെ അഞ്ച് ഭാഗങ്ങളായിട്ട് വിഭജിച്ച് പഠിക്കാറുണ്ട് അത് ഇങ്ങനെയാണ് പഴയ നിയമത്തിലെ മുപ്പത്തൊൻപത് പുസ്തകങ്ങളെ അഞ്ചായിട്ട് വിഭജിക്കുമ്പം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതിയ അഞ്ച് ഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം തുടർന്ന് പന്ത്രണ്ട് ചരിത്ര പുസ്തകങ്ങൾ യോഷുവതൽ എസ്തേർ വരെയുള്ളത് അതിനെ തുടർന്ന് അഞ്ച് കാവ്യ അഞ്ച് കാവ്യപുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ യോബ് സങ്കീർത്തനങ്ങൾ സദൃശ്യവാക്യങ്ങൾ സഭാപ്രസംഗി ഉത്തമഗീതം യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ളത് അടുത്തതായിട്ട് അഞ്ച് വലിയ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ വലിയ പ്രവാചകന്മാരെന്ന് പറയുന്ന യശയ്യാവ് ഇരമ്യാവ് ഏസ്കേല് ദാനിയേല് ഇവരൊക്കെയാണ് ഇവരുടെ അഞ്ച് ഗ്രന്ഥങ്ങളാണ് തുടർന്ന് വരുന്നത് യശയ്യാവ് ഇരമ്യാവ് വിലാപങ്ങള് വിലാപങ്ങളും ഇരമ്യാവരെയൊക്കെ എഴുതിയതാണല്ലോ ഏസ്കേല് ദാനിയേല് ഇതാണ് അഞ്ച് വലിയ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ തുടർന്ന് വരുന്നത് അഞ്ച് ചെറിയ പ്രവാചകന്മാരു ചെറിയ പ്രവാചകന്മാരുടെ അഞ്ചല്ല ചെറിയ പ്രവാചകന്മാരുടെ പന്ത്രണ്ട് ഗ്രന്ഥങ്ങളാണ് ഹോഷിയ മുതല് മലാഖി വരെയുള്ളത് ഇങ്ങനെയാണ് പഴയ നിയമത്തെ വിഭജിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്നുകൂടെ പറയുന്നു മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ തുടർന്ന് യോശുവതൽ എസ്തേർ വരെ പന്ത്രണ്ട് ചരിത്ര അഞ്ച് കാവ്യപുസ്തകങ്ങൾ ഇയോബ് മുതൽ ഉത്തമഗീതം വരെ വലിയ പ്രവാചകന്മാരുടെ അഞ്ച് ഗ്രന്ഥങ്ങൾ അവരെഴുതിയ അഞ്ച് ഗ്രന്ഥങ്ങൾ യഷ്യാവ് മുതൽ ദാനിയേലു വരെ ചെറിയ പ്രവാചകന്മാരുടെ പന്ത്രണ്ട് ഗ്രന്ഥങ്ങൾ ഓ മുതൽ മലാഖി വരെ പുതിയ നിയമപുസ്തകങ്ങള് ഇരുപത്തിയേഴ് എണ്ണമാണെന്ന് പറഞ്ഞു അതും നമുക്ക് അഞ്ചായിട്ട് തിരിച്ച് പഠിക്കാനായിട്ട് കഴിയും മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്ന ഇത് സുവിശേഷങ്ങളാണ് നാല് സുവിശേഷങ്ങൾ അടുത്തത് ഒരു ചരിത്ര പുസ്തകം മൂന്നാമത് പൗലോസിന്റെ പതിനാല് ലേഖനങ്ങളാണ് റോമർ മുതല് എബ്രായർ വരെ ഉള്ളത് റോമർ ഒന്ന് കോരിന്തിയർ രണ്ട് കോരിന്തുർ ഗലാത്തിയർ എഫേസിയർ ഫിലിപ്പിയർ കുലോസിയർ ഒന്ന് തെസ്ലോനിക്കർ രണ്ട് തെസ്ലോനിക്കർ ഒന്ന് തീമത്തിയോസ് രണ്ട് തീമത്യോസ് തീത്തോസ് ഫിലേമോന എബ്രായർ ഇത്രയുമാണ് പൗലോസിൻ്റെ പതിനാല് ലേഖനങ്ങൾ നാലാമത് പൊതുവായ ഏഴ് ലേഖനങ്ങൾ നമുക്ക് കാണാൻ കഴിയും യാക്കോബ് പത്രോസിൻ്റെ ഒന്നും രണ്ട് ലേഖനങ്ങൾ യോഹന്നാൻ്റെ ഒന്നും രണ്ടും മൂന്ന് ലേഖനങ്ങൾ യൂത ഇതാണ് പൊതുവായ ഏഴ് ലേഖനങ്ങൾ തുടർന്ന് ഒരു പ്രവാചക ഗ്രന്ഥം പ്രവചനം റവലേഷൻ വെളിപ്പാട് വെളിപ്പാട് ഒരു പ്രവചന ഗ്രന്ഥം കണ്ടോ അപ്പോൾ പുതിയ നിയമത്തെയും നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം ഇരുപത്തേഴ് പുസ്തകങ്ങൾ അത് നാലെണ്ണ സുവിശേഷങ്ങൾ അപ്പോസ്തല ഒരു ചരിത്ര പൗലോസിൻ്റെ പതിനാല് ലേഖനങ്ങൾ പൊതുവായ ഏഴ് ലേഖനങ്ങൾ ഒടുവിലായിട്ട് വെളിപ്പാട് എന്ന പ്രവചന ഗ്രന്ഥം ഇത് ഇങ്ങനെ ഈ നിലയിൽ ഇതിനെ തിരിച്ചിട്ടുണ്ട് ഇവയെ കൂടാതെ നമ്മൾ ആ നിലയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ അറുപത്താറ് പുസ്തകങ്ങളടങ്ങിയ മുപ്പത്തൊൻപതും ഇരുപത്തേഴും പുസ്തകങ്ങളടങ്ങിയ ഇതാണ് ആദ്യ നൂറ്റാണ്ടിൽ ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസലന്മാരും ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ കൂടിയ കൗൺസിലുകൾ സുന്ന ഒക്കെ അംഗീകരിച്ചിട്ടുള്ളത് ഇത് മാത്രമാണ് എന്നാൽ പിശാജ് ഈ പുസ്തകങ്ങളിൽ അതിനെ അതിൽ മായം ചേർക്കാൻ വേണ്ടി പിന്നീട് അപ്പോക്രിഫ പുസ്തകങ്ങളെ ചേർത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം പ്രിയമുള്ളവർ അറുപത്തിയാറ് പുസ്തകങ്ങളടങ്ങിയ ബൈബിളിനെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നല്ലോ ദൈവവചനം എന്ന് പറയുന്നത് അതാണ് ഈ അറുപത്തി പുസ്തകങ്ങളാണ് ദൈവശ്വാസ്യമായ അതുപോലെ ദൈവം മനുഷ്യനോട് അരളി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ഈ അറുപത്തിയാറ് പുസ്തകങ്ങളിലാണ് നമ്മൾ പറഞ്ഞു മുപ്പത്തൊൻപത് പഴയ നിയമപുസ്തകങ്ങളും ഇരുപത്തിയേഴ് പുതിയ നിയമപുസ്തകങ്ങളും അങ്ങനെ അറുപത്തിയാറ് പുസ്തകങ്ങൾ എന്നാൽ ദൈവവചനത്തി എങ്ങനെയെങ്കിലും അതിനെ ആളുകളിൽ നിന്ന് അതിന് മായം ചേർത്ത് അതിനെ ഏതെങ്കിലും നിലയിൽ അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാനായിട്ടുള്ള ശ്രമം പിശാച തുടക്കം മുതൽ തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ദൈവവചനത്തോട് ചേർത്ത് പലരും ഉപയോഗിക്കുന്ന ചില പുസ്തകങ്ങളാണ് അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അപ്പോക്രിഫ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒളിച്ചു വയ്ക്കപ്പെട്ടത് ഹിഡൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ളത് സീക്രട്ടായിട്ടുള്ളത് എന്നാണ് അപ്പോക്രിഫ എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ആ നിലയിൽ യഥാർത്ഥ ദൈവജനമല്ലാത്ത എന്നാൽ പല കത്തോലിക്ക സഭ ഉൾപ്പെടെ പലരും തങ്ങളുടെ ബൈബിളിലെ ചേർത്ത് ഉപയോഗിക്കുന്ന ആ പുസ്തകങ്ങളെയാണ് അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഈ പുതിയ നിയമത്തിൽ ഉള്ള ഇരുപത്തേഴ് പുസ്തകങ്ങൾ എല്ലാവരും ഒരേപോലെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ പഴയ നിയമത്തിലാണ് ഇവരെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഉദാഹരണത്തിന് പതിനാല് അപ്പോക്രിഫ പുസ്തകങ്ങളാണ് ഉള്ളത് മൊത്തത്തിൽ എന്നാൽ കത്തോലിക്ക സഭ ഏഴ് പുസ്തകങ്ങളാണ് അവരുടെ ബൈബിളിൻ്റെ കൂടെ പഴയ നിയമത്തിൻ്റെ കൂടെ മുപ്പത്തൊൻപത് പുസ്തകങ്ങളുടെ കൂടെ ഈ ഏഴ് പുസ്തകങ്ങളിലൂടെ ചേർത്താണ് ആ പുസ്തകങ്ങളൂടെ ചേർത്താണ് ഉപയോഗിക്കുന്നത് എന്നു മാത്രമല്ല നമ്മൾ എസ്തേർ ദാനിയേൽ എന്നീ പുസ്തകങ്ങൾക്ക് പുതിയ ചില അധ്യായങ്ങളിലൂടെ അവരുടെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ ചേർത്ത് അവരെ ഉപയോഗിക്കുന്നുണ്ട് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നത് പുസ്തകങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ തോപിത്ത് ജ്യൂതിത്ത് അതുപോലെ തന്നെ ഇസ്തേറിൻ്റെയും പുതിയ അധ്യായങ്ങൾ മക്കാബിയർ ഒന്നും രണ്ടും മക്കാബിയർ അതുപോലെ ശലോമോൻ്റെ വിജ്ഞാനം സിറാക്ക് ബാരൂക്ക് എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളാണ് അവര് ദൈവവചനത്തോട് ചേർന്ന് ദൈവശ്വാസിയമാണ് എന്നുള്ള നിലയിൽ കൊണ്ട് നടക്കുന്നത് ഇത് ആരംഭിച്ചത് സത്യത്തിൽ നമുക്കറിയാവുന്ന നമുക്ക് അറിയാവുന്നതുപോലെ ഈ യഹൂദന്മാർ യഹൂദന്മാർ പഴയ നിയമപുസ്തകങ്ങൾ മുപ്പത്തൊൻപതെണ്ണമാണ് അവർ ആ കാനോന് അനുസരിച്ച് അവർ അംഗീകരിച്ചിട്ടുള്ളത് എന്നാൽ അവർ ഇരുന്നൂറ്റൻപത് ബി സിയിൽ കർത്താവിനും ഇരുന്നൂറ്റൻപത് വർഷം മുമ്പ് അവരുടെ യഹൂദന്മാരായ പല ആളുകളും അവർ ചേർന്ന വിജ്ഞാനികൾ അവർ ഹീബ്രു ഭാഷയിൽ നിന്ന് പല പുസ്തകങ്ങൾ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ഈ മുപ്പത്തൊൻപത് പഴയ നിയമപുസ്തകങ്ങൾ അവർ ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അതിൻ്റെ കൂടെ ഈ യഹൂദന്മാരായ പണ്ഡിതന്മാരെ ചിലര് ഇരുന്നൂറ്റൻപത് ബി സിയിൽ ഈ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന എന്നാൽ കാനൂനനുസരിച്ച് യഹൂദന്മാരെ അംഗീകരിച്ചിട്ടില്ലാത്തതായ ചില പുസ്തകങ്ങളുടെ സെപ്റ്റിജൻ തർജ്മയുടെ ഭാഗമായിട്ട് അവർ ആ നിലയിലെ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ഇങ്ങനെ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ അപ്പോ കൃഫ പു പുസ്തകങ്ങളിൽ നിന്നാണ് കത്തോലിക്ക സഭയും ഒക്കെ ഈ നിലയിൽ അവർക്ക് താല്പര്യമുള്ള ചില പുസ്തകങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത് ഇത് ദൈവ ദൈവം അംഗീകരിച്ചിട്ടുള്ളതല്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ അപ്പോ പുസ്തകങ്ങളെ അംഗീകരിക്കരുത് അത് ദൈവശ്വാസീയമല്ല എന്ന് പറയുന്നത് അതിന് പല കാര്യങ്ങളും നമുക്ക് അക്കമിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഒന്നാമത് ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആദിമസഭ അല്ലെങ്കിൽ ആദിമസഭ ഒന്നാം നൂറ്റാണ്ടിൽ അത് കഴിഞ്ഞിട്ട് നാലാം നൂറ്റാണ്ടുവരെ കത്തോലിക്ക സഭ രൂപപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഇടയ്ക്ക് രൂപപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാരുടെ അവരെ പരിശോധിച്ചിട്ട് ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവശ്വാസീയമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ് ആദിമസഭ അത് അംഗീകരിച്ചിട്ടില്ല നാലാം നൂറ്റാണ്ട് വരെയുള്ള സുനദോസുകൾ അത് അംഗീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ യഹൂദന്മാരാണല്ലോ ഈ പഴയ നിയമ മുപ്പത്തൊൻപത് പുസ്തകങ്ങൾ അവരുടെ അവർക്ക് ദൈവം നൽകിയ തിരുവഴുത്തുകൾ എന്നുള്ള നിലയിൽ അവരംഗീകരിച്ചിട്ടുണ്ട് അവരതു മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ഈ മുപ്പത്തൊൻപത് പുസ്തകങ്ങൾ മാത്രമേ നമ്മുടെ പഴയ നിയമത്തിലുള്ള നമ്മുടെ ബൈബിളിലുള്ള ആ മുപ്പത്തൊൻപത് പുസ്തകങ്ങൾ മാത്രമേ യഹൂദന്മാരും അവരുടെ തിരുവഴുത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ അല്ലാതെ ഈ അപ്പോക്രിഫ പുസ്തകങ്ങളൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല അതാണ് രണ്ടാമത്തെ കാര്യം ഈ യഹൂദന്മാർ അവരത് അംഗീകരിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും യഹൂദൻ എന്താണ് മഹത്വം യഹൂദൻ അങ്ങനെ അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് നമുക്കെന്താണ് എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ റോമർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ കണ്ടോ അവിടെ പൊലൂസ് പറയുന്നു എന്നാൽ യഹൂദന് എന്ത് വിശേഷത അല്ല പരിഛേദനയാൽ എന്ത് പ്രയോജനം സകലവിധത്തിലും വളരെ ഉണ്ട് അവർക്ക് പല വിശേഷതകളുണ്ട് എന്ന് പറയുക എന്നിട്ട് പറയുന്നു ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ കണ്ടോ അപ്പോ പഴയ നിയമ പുസ്തകങ്ങള് ആ തി ദൈവത്തിൻ്റെ യഹൂദനെയാണ് ദൈവം ഏൽപ്പിച്ചത് അതുകൊണ്ട് യഹൂദന്മാർ മുപ്പത്തൊൻപത് പുസ്തകങ്ങളെയാണ് തിരുവഴുത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അത് ആധികാരികമാണ് ദൈവം അവരെയാണല്ലോ ആ തിരുവഴുത്ത് എന്ന് റോമർ മൂന്നിൻ്റെ ഒന്ന് രണ്ടോ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദിമസഭയും സുന്നതദോസുകളും ഈ അപ്പോ പുസ്തകങ്ങളെ തള്ളിക്കളഞ്ഞു യഹൂദന്മാർ ഈ അപ്പോ പുസ്തകങ്ങളെ തള്ളിക്കളഞ്ഞു യേശു അപ്പോസ്തലന്മാരും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ പലതുമുണ്ട് നമ്മൾ പറഞ്ഞു ഗ്രീക്കിൽ പോലും ഇരുന്നൂറ്റൻപത് ബി സിയിലേക്ക് അത് തർജ്മ ചെയ്യപ്പെട്ടു അപ്പോൾ അതിനു മുമ്പ് എബ്രാഹിൽ ആ പുസ്തകങ്ങളൊക്കെ ഉണ്ട് പക്ഷേ യേശു അപ്പോസ്തലന്മാരും അവയെ അംഗീകരിച്ചിട്ടില്ല യേശു പഴയ നിയമത്തിലെ മുപ്പത്തൊൻപത് പുസ്തകങ്ങളിൽ പലതിൽ നിന്നും പലപ്പോഴും ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്ന് ഒരിക്കൽ പോലും யேசுவாகட்டோசன்மராகட்ட அது உத்தரிச்சிட்டு நாலாமது ஈ அப்போகிரஃபா புஸ்தகங்கள் ஏறையும் மலாக்கும் கிறிஸ்துவினும் இடையிலான ரூபப்பட்டுள்ளது ரயிச்சிட்டுள்ளது மலாக்கியட புஸ்தகம் பழைய நியமத்திலே ஏற்றோம் ஒடுவிலத்தை புத்தகம் ஆய மலாக்கி பி சி நானூரில் எழுதி தீர்ந்து பி சி நானூறு ஆன அதி காலகட்டம் ஏடி கர்த்தாவாயேசு வந்தப்போ ஏடி ஆரம்பிச்சு അപ്പം ഏകദേശം നാനൂറ് വർഷത്തെ ഒരു ഇടവേളയുണ്ട് ഈ നാനൂറ് വർഷത്തെ ഇടവേളയിലാണ് ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ ഏറെയും രൂപപ്പെട്ടത് എന്നാൽ നമ്മൾ ഈ പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാഖിയുടെ പുസ്തകത്തിൻ്റെ മൂന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത് മലാഖി മൂന്നിൻ്റെ ഒന്ന് അതായത് കർത്താവിന് വഴിയൊരുക്കാനായിട്ട് വരുന്ന ദൂതൻ ഈ കർത്താവിന് വഴിയൊരുക്കാൻ വരുന്ന ദൂതൻ അവനാണ് ഇനിയും വരാനായിട്ട് തനിക്ക് ശേഷം മലാഖിക്ക് ശേഷം ഇനിയും വരാൻ പോകുന്നത് കർത്താവിന് വഴിയൊരുക്കാനുള്ള ദൂതനാണ് എന്നാണ് മലാഖി മൂന്നിൻ്റെ ഒന്നിൽ വ്യക്തമാകുന്നത് ആരാണ് കർത്താവിന് വഴിയൊരുക്കുന്ന ദൂതൻ അത് യോഹനാൻ സ്നാപകനാണെന്ന് മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നിൻ്റെ പത്തില് കർത്താവായ യേശു ക്രിസ്തു തന്നെ വ്യക്തമാക്കുന്നു അപ്പോ മലാഖി ബി സി നാനൂറിൽ പറയുന്നു തനിക്ക് ശേഷം ഇനി കർത്താവിന് വഴിയൊരുക്കാൻ വരുന്ന യോഹന്യൻ സ്നാപകനാണുള്ളത് എന്ന് പറയുമ്പം ഈ മലാഖിക്ക് യോഹന സ്നാപകനും ഇടയിൽ വേറെ മെസ്സഞ്ചേഴ്സ് വേറെ ദൂതന്മാർ വേറെ സന്ദേശവാഹകരില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അടുത്തു വരുന്ന മലാഖി പറഞ്ഞിരിക്കുന്നത് തനിക്ക് ശേഷം അടുത്തു വരുന്ന സന്ദേശവാഹകൻ വഴി നിരത്തുന്നവനായിരിക്കും വഴി നിരത്തുന്നവനെന്ന് പറയുന്നത് മത്തായി പതിനൊന്നിൻ്റെ കർത്താവ് തന്നെ പറയുന്നു അത് യോഹനാൻ സ്നാപകനാണെന്ന് അപ്പം മലാഖിക്ക് ശേഷം യോഹന്നാൻ സ്നാപകനാണ് അടുത്ത സന്ദേശവാഹകൻ അതിനിടയിൽ ആരുമില്ല എന്നുള്ളത് മലാഖി മൂന്നിൻ്റെ ഒന്നിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ അപ്പോഗ്രഫ പുസ്തകങ്ങളുടെ എഴുത്തുകാർ അവരുടെ പുസ്തകങ്ങളൊക്കെ തിരുവഴുത്തിൻ്റെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്ന് തന്നല്ല ചിലർ അത് തങ്ങള് തിരുവഴുത്തിൻ്റെ ഭാഗമല്ലെന്ന് പറഞ്ഞിട്ടുമുണ്ട് രണ്ട് മക്കാബിയർ രണ്ടിൻ്റെ രണ്ട് മക്കാബിയർ പതിനഞ്ചിൻ്റെ മുപ്പത്തെട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട കാര്യം ഈ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ പലയിടത്തും ദൈവവചനത്തിന് ചേരാത്ത പല കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പണം കൊടുത്ത പാപപരിഹാരം നമുക്ക് നേടാൻ കഴിയും വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും അവരാ പ്രാർത്ഥന വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന കേൾക്കും രണ്ട് മക്കാബിയർ പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങൾ മരിച്ചവരോടുള്ള പ്രാർത്ഥന അത് നല്ലതാണ് എന്നുള്ളത് രണ്ട് മക്കാബിയർ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി വാക്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പണം കൊടുത്ത് പാപപരിഹാരം തേടാമെന്നുള്ളത് തോബിത്ത് നാല് പത്തിലും സിറാക്ക് മൂന്ന് മുപ്പതിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ദൈവവചനത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ചേരാത്ത അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ മൊത്തം മെസ്സേജിനോട് ചേരാത്ത ഈ നിലയിലുള്ള തെറ്റായ പല പ്രതിപാദനങ്ങൾ ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇവരുടെ ഈ അപ്പോ പുസ്തകങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോ പുസ്തകങ്ങളെ സ്വീകരിപ്പാനായിട്ട് കഴിയില്ല അതുപോലെ ഒന്നാം നൂറ്റാണ്ടില് അപ്പോസ്റ്റന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു സെക്കുലറായ ആ നിലയിലുള്ള ഒരു ചരിത്രകാരനാണ് ജോസിഫസ് ജോസിഫസ് ഈ അപ്പോക്രിഫ പുസ്തകങ്ങളെ സ്വീകരിക്കാൻ യഹൂദന്മാർക്ക് യഹൂദന്മാർ തയ്യാറായിട്ടില്ലെന്നും അത് കാനൂനികമല്ലെന്നും ജോസിഫസ് തൻ്റെ ഒന്ന് ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ എട്ടാമത്തെ ഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ചുരുക്കത്തിൽ ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ ആ നിലയിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുകയില്ല അറുപത്തി ആറ് പുസ്തകങ്ങളടങ്ങിയ പഴയ നിയമ പുതിയ നിയമങ്ങൾ മുപ്പത്തി ഒൻപത് ഇരുപത്തേഴും അതുമാത്രമാണ് ദൈവശ്വാസ്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള ഈ ദൈവവചനം ബൈബിള് അത് ദൈവത്തിൻ്റെ ആ നിലയിലുള്ള അരുളപ്പാടാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് വെളിയിലുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് കഴിയുന്നത് നമ്മളത് വിശ്വാസത്താൽ സ്വീകരിച്ചു എന്നാൽ വിശ്വാസത്തിനും അപ്പുറത്ത് ഇത് യഥാർത്ഥത്തിലുള്ള ദൈവവചനമാണെന്നുള്ളതിന് പല തെളിവുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും ഈ ദൈവവചനം പോലെ ബൈബിള് പോലെ മറ്റൊരു പുസ്തകമില്ല ഇത് ആയിരത്തി വർഷം കൊണ്ട് നാൽപ്പതിലേറെ എഴുത്തുകാർ വിവിധ തലമുറയിൽ ഇരുന്ന് എഴുതിയ അറുപത്താറ് പുസ്തകങ്ങളാണ് പക്ഷേ പലരും പല കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലിരുന്ന് എഴുതിയതായിട്ടും ഇത് തമ്മിലൊരു വൈരുദ്ധ്യമില്ല ഒരിടത്ത് പറയുന്ന കാര്യത്തെ കണ്ണിച്ചുകൊണ്ടല്ല മറ്റൊരിടത്ത് പറയുന്നത് ഇവരാരും പലരും പരസ്പരം അറിയാവുന്നവരല്ല പല തലമുറകളിലെ ജീവിച്ചിരുന്നതാണ് ആയിരത്തി വർഷം കൊണ്ട് നാൽപ്പതിലേറെ എഴുത്തുകാർ മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നിങ്ങനെ മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് എഴുതിയ അറുപത്താറ് പുസ്തകങ്ങളാണ് ഈ എഴുത്തുകാർ വ്യത്യസ്തരായിരുന്നു ചിലര് രാജാക്കന്മാരായിരുന്നു ചിലർ പുരോഹിതരായിരുന്നു വേറെ ചിലർ വെറും ആട്ടിടയരായിരുന്നു പട്ടാളക്കാരായിരുന്നു ചിലർ കവികളും രാജ്യതന്ത്രജ്ഞരുമായിരുന്നു അപ്പത്തന്നെ ചിലര് കർഷകരായിരുന്നു വേറെ ചിലര് മീൻപിടുത്തക്കാരും കൂടാരപ്പണിക്കാരുമായിരുന്നു ചിലര് ധനികരായിരുന്നു ചിലര് ദരിദ്രരായിരുന്നു പല കാലയളവിൽ പല പ്രായത്തിലുള്ളവർ ആയിരത്തി എണ്ണൂറ് വർഷം കൊണ്ട് മൂന്ന് ഭൂഖണ്ഡങ്ങളിലിരുന്ന് പരസ്പരമറിയാതെ എഴുതിയ ഈ അറുപത്തിയാറ് പുസ്തകങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ അവയിലെ ആ നിലയിലുള്ള എഴുത്തുകൾ സംബന്ധിച്ച് ഒരു വൈരുദ്ധ്യവുമില്ല ഇത് ദൈവത്തിന് മാത്രമല്ലേ ഈ നിലയിൽ ഇതിനെ കൂടി ചേർക്കാനായിട്ട് കഴിയുള്ളൂ ഈ ബൈബിളിൻ്റെ അത്ഭുതകരമായ ഐകരൂപ്യം അതിൻ്റെ അത് ദൈവവചനമാണെന്നുള്ളതിൻ്റെ തെളിവാണ് അതുപോലെ തന്നെ മറ്റേത് പുസ്തകങ്ങളുടെ മേലും ഇതിനൊരു അതുല്യതയുണ്ട് ഇത് യുണീക്കായിട്ട് നിൽക്കുന്നു മറ്റേത് പുസ്തകങ്ങളെക്കാളും ഈ ബൈബിളിൽ നിന്ന് ആളുകൾക്കും സംസ്കാരങ്ങൾക്കും രാജ്യങ്ങൾക്കും പല പ്രയോജനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആളുകൾ പലരും അവരുടെ സ്വഭാവം മാറിയിട്ടുണ്ട് സംസ്കാരങ്ങളിൽ പോസിറ്റീവായ മാറ്റമുണ്ടായിട്ടുണ്ട് അതായത് ആഫ്രിക്കൻ നാടുകളിൽ നരഭോജികൾക്കിടയിലേക്ക് ബൈബിള് ചെന്നപ്പോൾ അവരെ നരഭോജികളായ ആളുകളെ പിടിച്ചു തിന്നിരുന്ന ഈ കാട്ടുജാതിക്കാർ നരസ്നേഹികളായി മാറി അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾക്കുള്ള നിയമങ്ങൾ നമുക്കറിയാമല്ലോ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം ഇരുപതിൽ കൊടുത്തിട്ടുള്ള ആ പത്ത് കല്പനകൾ അതിനെ ആശ്രയിച്ചാണ് ലോകത്തിലെ നിയമങ്ങളും നിയമവാഴ്ചകളും ഉണ്ടായിട്ടുള്ളത് വർഷംതോറും കോടിക്കണക്കിന് ബൈബിളുകൾ വിവിധ ഭാഷകളിൽ വിറ്റുപോകുന്നു ലോകത്തെ ഇത് സ്വാധീനിച്ചു തെറ്റെന്താണ് ശരിയെന്താണ് എന്ന് കണ്ടെത്താനായിട്ട് ഇത് സഹായിച്ചു ഈ നിലയിൽ വേറൊരു പുസ്തകമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റെല്ലാ പുസ്തകങ്ങളിൽ നിന്ന് ഇത് അതുല്യമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ കാര്യം ബൈബിള് തങ്ങളുടെ ജീവിതത്തെ മാറ്റിയതായി നാനാ തുറകളിലുമുള്ള ആളുകാർ പല തലമുറകളിലെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇവരിലെ ചിന്തകരുണ്ട് വലിയ എഴുത്തുകാരുണ്ട് രാജ്യതന്ത്രജ്ഞരുണ്ട് പ്രസിഡന്റ്മാരുണ്ട് സാധാരണക്കാരുണ്ട് വ്യവസായികളുണ്ട് അവർക്കാർക്കും ബൈബിള് തങ്ങളുടെ ജീവിതത്തെ മാറ്റിയതായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലാഭമില്ല അവർ പലരും തങ്ങളെ മാറ്റിയത് തങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയത് ഒരു പുസ്തകമാണ് അത് ബൈബിളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ചിലരുടെ പേരുകൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുള്ളത് ഇങ്ങനെ വായിക്കാം ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ തോമസ് ജെഫേഴ്സൺ ഏബ്രഹാം ലിങ്കൺ റൂസ് ഓ വിക്ടോറിയ രാജ്ഞി നെപ്പോളിയൻ ബോണപ്പാർട്ട് മാർ ജോൺ ആഡംസ് സാമുവൽ കോൾഗേറ്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആൽഫ്രഡ് ടെന്നിസൺ ഡാനിയൽ വെബ്സർ ധാരാളം പേരുണ്ട് അവരിൽ കുറച്ച് പേരുടെ പേരുകൾ മാത്രമാണ് ഈ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആളുകളുടെ ജീവിതത്തെ സമൂലമായി മാറ്റുന്ന ഇതുപോലെ ഒരു പുസ്തകമില്ല ഇത് തങ്ങളുടെ ജീവിതത്തെ മാറ്റിയതായിട്ട് ഇവരെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ ഇത് എത്രയോ തലമുറകളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ഈ പുസ്തകം ദൈവത്തിൻ്റെ തിരുവചനമാണെന്നുള്ളതിൻ്റെ തെളിവാണ് അതായത് എന്നും നിലനിൽക്കുമെന്ന് നമ്മൾ കരുതിയിരുന്ന സാമ്രാജ്യങ്ങൾ മാറിപ്പോയി രാജാക്കന്മാരില്ലാതായി ബുദ്ധിജീവികൾ അവരൊക്കെ ഇല്ലാതായി അതുപോലെ തന്നെ എന്നാൽ ഈ പുസ്തകം മാത്രം എത്രയോ തലമുറകളായിട്ട് ലോകം മുഴുവൻ ആളുകളുടെ ഇടയിൽ ആളുകളെ സ്വാധീനിച്ച് ഗുണപരമായി ആളുകളെ സ്വാധീനിച്ച് അത് മുന്നോട്ട് പോകുന്നു ഈ പുസ്തകത്തെ നശിപ്പിക്കാന് പലരും ശ്രമിച്ചിട്ടുണ്ട് പല സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും ബുദ്ധിജീവികളും ഇതിനെ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ബൈബിള് ഈ എല്ലാ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് ഞാൻ പെട്ടെന്ന് നോർത്ത് വോൾട്ടയർ വോൾട്ടയർ എന്ന് പറയുന്ന പ്രശസ്ത നാസ്തികൻ നൂറ് വർഷത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന ഇന്നു മുതൽ ഒരു നൂറ് വർഷത്തിനുള്ളിൽ ഈ ബൈബിള് കണ്ടം ചെയ്തു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബൈബിള് അത് പഴഞ്ചൻ പുസ്തകമായി മാറും അതാരും ഉപയോഗിക്കാതിരിക്കും എന്നാണ് വോൾട്ടെയർ നൂറ് വർഷം മുമ്പ് അവകാശപ്പെട്ടത് പക്ഷേ വോൾട്ടെയർ മരിച്ചുപോയി ബൈബിൾ സൊസൈറ്റി എന്തു ചെയ്തു ഈ വോൾട്ടെയറുടെ വീട് വിലയ്ക്ക് വാങ്ങി ഇന്ന് വോൾട്ടെയറുടെ വീട് ബൈബിൾ സൊസൈറ്റി ബൈബിളുകൾ ശേഖരിച്ചു വയ്ക്കാനുള്ള സ്ഥലമായിട്ട് ആക്കി മാറ്റിയിരിക്കുന്നു ഈ നൂറു വർഷത്തിനെഴുതി ഇടയിൽ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളും ഇന്ന് ഓർമ്മിക്കപ്പെടുന്നില്ല എന്നാൽ മോൾട്ടറുടെ ഈ വീട്ടിൽ എന്നും ഓർപ്പി ഓർമ്മിക്കപ്പെടുന്ന ഈ ബൈബിള് ശേഖരിച്ചു വയ്ക്കുന്നു അവിടെ നിന്ന് വർഷങ്ങളായിട്ട് അത് പലയിടത്തേക്ക് വിടുന്നു ഈ ഒരൊറ്റ കാര്യം മതി ബൈബിളിനെ വെല്ലുവിളിച്ച ആളുകൾ താളടിയായിപ്പോയി ഇല്ലായ്മയായിപ്പോയി ബൈബിള് അതിൻ്റെ ചൈത്രയാത്ര തുടരുകയാണ് എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് നിറവേറ്റപ്പെട്ട പ്രവചനങ്ങൾ ബൈബിളിൻ്റെ ദൈവശ്വാസീയത വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് യഹൂദനെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെയും ശരിയായിട്ട് വന്നു പല പ്രവചനങ്ങൾ ബൈബിളിലുണ്ട് ബൈബിളിൽ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ ശരിയായിട്ട് വന്നു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ആളുകളുടെ ജീവിതത്തിൽ ഈ ബൈബിള് മൂലം അത്ഭുതങ്ങൾ സംഭവിച്ചു ഭൗതികമായ അത്ഭുതങ്ങൾ പലത് നടന്നു അതുപോലെ തന്നെ ഈ ബൈബിള് ശാസ്ത്രീയമായിട്ട് ശരിയാണ് ശാസ്ത്രീയമായി ശരിയാണ് നമ്മൾ ഈ ബൈബിളിനെ പല വാക്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഏഷയ്യാവിൻ്റെ പുസ്തകം നാൽപ്പതിൻ്റെ ഇരുപത്തിരണ്ട് നോക്കുക ഭൂമണ്ഡലം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമണ്ഡലം അതായത് ഈ ഭൂമി ഒരു ഗോളമാണെന്ന് ബി സി എഴുന്നൂറിൽ ജീവിച്ചിരുന്ന ഏഷയ്യാവ് പറഞ്ഞിരിക്കുന്നു ഇയോബിൻ്റെ പുസ്തകം ഇയോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ബി സി ഏതാണ്ട് രണ്ടായിരത്തോടടുത്ത് ഉണ്ടായിട്ടുള്ള പുസ്തകമാണ് അതിൽ ഇയോബിൻ്റെ പുസ്തകത്തിലെ പല കാര്യങ്ങൾ അവന് ഭൂമിയെ ഇരുപത്തി ഇയ്യോബിൻ്റെ പുസ്തകം ഇരുപത്തിയാറിൻ്റെ ഏഴ് നോക്കുക ഭൂമിയെ ദൈവം ശൂന്യതയിൽ നിർത്തിയിരിക്കുന്നു എന്നാണ് അന്ന് പലരും ഏതോ അറ്റ്ലസെന്നോ മറ്റോ ഒരു ദേവൻ്റെ ോളത്താണ് ഭൂമി ഇരിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന കാലമാണ് ഒരു ഒരു ആനയുടെ പുറത്താണ് ഭൂമി ഇരുന്നത് എന്നൊക്കെ ഏതാ ബി സി രണ്ടായിരത്തോടെ അടുത്ത് ഏടിയിൽ പോലും ആളുകൾ അങ്ങനെ വിശ്വസിച്ചിരുന്ന കാലത്ത് ഇതാ ഭൂമി ശൂന്യതയിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നും ഭൂമി ഒരു ഗോളമാണെന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏർ പറഞ്ഞ വാക്യങ്ങള് വ്യക്തമായോ എഷ്യാവ് നാൽപ്പതിൻ്റെ ഇരുപത്തിരണ്ട് ഇയോബ് ഇരുപത്തിയാറിൻ്റെ ഏഴ് ഒക്കെയാണ് ഞാൻ ഉദ്ധരിച്ചത് അതുപോലെ തന്നെ നമ്മൾ ലേവ്യാ പുസ്തകം പതിനേഴിൻ്റെ പതിനൊന്നിൽ മനുഷ്യൻ്റെ ജീവൻ രക്തത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രക്തത്തിലാണ് അന്ന് അത് ആർക്കും അറിയില്ലായിരുന്നു രക്തത്തിലാണ് ജീവൻ എന്നൊക്കെ ഉള്ളത് പിന്നീട് വൈദ്യശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങളാണ് അപ്പൊ നോക്കുക ശാസ്ത്രീയമായിട്ട് ബൈബിള് ശരിയാണ് ഏർ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ അകത്ത് ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇല്ല ഭൂമി ഒരു ഗോളമാണെന്നും ഭൂമണ്ഡലം എന്ന് അന്നേ പറഞ്ഞ പുസ്തകം ഭൂമിയെ നാസ്തിത്വത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നു ശൂന്യതയിൽ നിർത്തിയിരിക്കുന്നു മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെ പല വാക്യങ്ങൾ എടുത്ത് പറയാനുണ്ട് സമയ ചുരുക്കം കൊണ്ട് ഞാൻ അതിനെ തുണിയുന്നില്ല ചരിത്രപരമായിട്ടും ബൈബിള് ശരിയാണ് നൂറു വർഷം മുമ്പുള്ള ചരിത്ര പോലും തെറ്റുകളും തെറ്റായ പ്രസ്താവനകളും ഒക്കെ വരാറുണ്ട് എന്നാൽ ഇത്രയും നൂറ്റാണ്ടുകൾ കൊണ്ട് എഴുതിയ ബൈബിളിൽ ചരിത്രപരമായി തെറ്റായ ഒരു കാര്യം പോലും നമുക്ക് കാണാനായിട്ട് കഴിയയില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കാ കാണിക്കുന്നത് ഇതെല്ലാം ചൂണ്ടുന്നത് ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ് തിരുവഴുത്ത് ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ തിരുവഴുത്തുകളെ വായിക്കുകയും ഈ തിരുവഴുത്തുകളിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ടു പോവുകയുമാണ് വേണ്ടത് ദൈവവചനം ഇന്ന് നമ്മുടെ കയ്യിൽ ഈ അറുപത്താറ് പുസ്തകങ്ങൾ കിട്ടിയിരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ ജീവൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം റോമർ കെഴുതിയിൽ ഇങ്ങനെ പൗലോസ് പറയുന്നു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല അത് യഹൂദനും യവനനും ആ വചനം എന്താ രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്നു ഈ വചനം ദൈവശക്തിയാണ് യോഹനന്റെ സുവിശേഷം പതിനഞ്ചിന്റെ ഏഴിൽ കർത്താവ് പറയുന്നു വചനം നിങ്ങളിൽ വസിക്കണം അങ്ങനെ വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് ലഭിക്കും അതുകൊണ്ട് ദൈവവചനം വായിക്കുന്നതാണ് ബുദ്ധി ദൈവവചനം വിശ്വസിക്കുന്നതാണ് നമുക്ക് സുരക്ഷിതം ദൈവവചനം പാലിക്കുന്നതാണ് വിശുദ്ധിയിലെത്താനുള്ള മാർഗം അതുകൊണ്ട് ദൈവവചനത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ഓ വെല്ലുവിളികളെ അതിജീവിച്ച് ജൈത്രയാത്ര തുടരുന്ന ഈ ഈ ബൈബിള് ദൈവവചനമാണെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഇതിനെ നെഞ്ചോട് ചേർത്ത് ഇതിൽ നിന്ന് ആശയങ്ങളും ഉൾക്കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ സെൻറ്റൻസ് ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഈ ബൈബിള് വായിക്കുന്നതാണ് ബുദ്ധി ഈ ബൈബിള് വിശ്വസിക്കുന്നതാണ് സുരക്ഷിതം ഈ ബൈബിളിലെ വചനങ്ങൾ പാലിക്കുന്നതാണ് ദൈവത്തെ കണ്ടെത്താനും വിശുദ്ധിയിലെത്താനുമുള്ള മാർഗം അതുകൊണ്ട് ദൈവവചനത്തെ അതിനർഹിക്കുന്ന പ്രാധാന്യം നൽകി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനെ അതിൽ നിന്ന് ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ